മൂന്ന് എഴുപത്തി മൂന്ന് ണോ സമ എല്ലാ പ്രാണികളിലും തുല്യനായിരിക്കുന്നവൻ ന ഭാവം ഭാവിയിൽ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല പ്രതികൂലമായ ഒന്നും തന്നെ ത്യജിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ദ്രിയാണി ജിത്വന്ദ്രിയാണി പരിശ്രമത്തിലൂടെ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ സശാന്ത അവൻ ശാന്തനാണ് സർവ്വപ്രാണികളിലും തുല്യനായിരിക്കുന്നവൻ ആഗ്രഹങ്ങളില്ലാത്തവൻ ഒന്നിനെയും ത്യജിക്കാത്തവൻ പ്രതികൂലമായ ഒന്ന് ഇന്ദ്രിയജയം സംവാദിച്ച ശാന്ത സ്പതാ ബുദ്ധ്യന്ധസ്ഥ എത്ര കാര്യാണി സ ശാന്ത പഥ്യത്തെ അവധ്യ സ് വളരെ ശുദ്ധമായ ബുദ്ധിയോടുകൂടി സ്പൃഷ്ട ജ്ഞാത്വമറിഞ്ഞിട്ട് ഗ്രഹിച്ചിട്ടെന്നുള്ള അർത്ഥമാണ് ശുദ്ധമായ ബുദ്ധിയോടുകൂടിയെല്ലാം ഗ്രഹിച്ചിട്ട് യഥൈവ അന്തഹ തഥാബഹി എങ്ങനെയാണ് ഉള്ളിൽ അതുപോലെ തന്നെ പുറമേയും എത്ര കാര്യമാണ് ഈ ദൃശ്യന്തേ ഏതൊരുവനാണോ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് സശാന്തയുടെ കഥ ശുദ്ധമായ ബുദ്ധി നേർബുദ്ധി എന്നർത്ഥം ആ നേർബുദ്ധി കൊണ്ട് കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കുന്നു നമ്മൾ സാധാരണത്ഥം വക്രബുദ്ധിയൊക്കെ ഉപയോഗിക്കും അതങ്ങനെയല്ല നേർബുദ്ധിയോണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു പിന്നെ ർജവം ഉള്ളത് തൻ്റെ ഉള്ളെങ്ങനെയാണോ അത് തന്നെയാണ് പുറമേ ഉള്ളിൽ ഒന്ന് വയ്ക്കുക പുറമേ വേറെ ഒന്ന് കാണിക്കുക സാധാരണ മനുഷ്യരെല്ലാം ചെയ്യുന്നതാണ് അവ സുരോചിതമായി ഓരോ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ടും നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഉള്ളിലൊന്ന് ചിന്തിക്കും പുറമേ ഒന്ന് പറയും ഉള്ളിലൊന്ന് ചിന്തിക്കും പുറമേ ഒന്ന് പ്രവർത്തിക്കും ഉള്ളിൽ ദേഷ്യമാണെങ്കിൽ പുറമെ സൗഹൃദം നടിക്കും ഉള്ളിലെ ദുഃഖമാണെങ്കിൽ പുറമേ സന്തോഷമുണ്ടെന്ന് നടിക്കും ഇത് മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാണ് അത് പാടില്ല അങ്ങനല്ല വേണ്ടതെന്നാണ് പറയുന്നു ശാന്തൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് ലോകത്തെ വഞ്ചിച്ചിട്ടൊന്നും നേടാനില്ല പരവഞ്ചന എന്ന് പറയുന്നതുകൊണ്ടൊന്നും നേട നമ്മൾ പരന്മാരെ വഞ്ചിക്കുന്ന നമുക്ക് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടോ മാത്രമല്ല പലപ്പോഴും നമ്മൾ ധരിക്കുന്നതൊക്കെ നമ്മുടെ ഒരു കഴിവൊന്നാണ് ചിലപ്പോൾ ഭൗതികമായി ചില രംഗങ്ങളിലൊക്കെ അതുകൊണ്ട് നേട്ടം ഉണ്ടാകാം ഭൗതികമായി കുറച്ച് കണ്ണിങ് ആയിരുന്നാൽ കുറച്ച് ക്രൂക്കഡ്നസ് ഒക്കെ ഉണ്ടായിരുന്നാൽ ഭൗതികമായി പലതും ഇപ്പോൾ നീതിശാസ്ത്രം അതൊക്കെ അംഗീകരിക്കുന്നുണ്ട് നീതിശാസ്ത്രത്തിൽ പറയും എന്താണ് ഒരു മിക്ഷം മുകളിലേക്ക് വളരുമ്പോൾ അത് വളഞ്ഞ് വളഞ്ഞാണ് പോകുന്നതെങ്കിൽ അതിനെ വെട്ടിയെടുക്കത്തില്ല അവർ കാരണം അതുകൊണ്ട് ഉപയോഗമില്ല നേരെ വളർന്ന് മേളിലോട്ട് പോവുകയാണെങ്കിൽ അത് ഉപയോഗമുള്ളതാണ് അതിനെ വെട്ടിട എന്ന് പറയും ഇപ്പോൾ വളവും തിരിവുമൊക്കെ ആവശ്യമാണെന്നുള്ള ഒരു വ്യവഹാരനീതിയുണ്ട് അതിനോട് അംഗീകരിക്കുന്നില്ല ഉള്ളിൽ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കണം പറഞ്ഞു എന്തിനു വേണ്ടി ഒരുപാട് സർക്കസുകളും അഭ്യാസങ്ങളും ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഭൗതികമായി ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ചിലപ്പോൾ അത് മനസ്സിൻ്റെ ശാന്തിയൊക്കെ എടുത്തിക്കളി അതുകൊണ്ട് വേണ്ടി നേർബുദ്ധിയാണ് വേണ്ടത് അപ്പോൾ എത്ര കാര്യമാണീ ദൃശ്യന്തെ എവിടെയാണോ ഒരു വൺ എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കുന്ന ഗ്രഹിക്കുന്നത് നേർബുദ്ധിയുണ്ട് സ ശാന്ത അവൻ്റെ മനസ്സിൽ നിന്ന് ഒരുപോലെ ശാന്തമായിരിക്കും മറ്റത് വളവുകളെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നേടുമ്പോൾ സന്തോഷം വരും വീണ്ടും ദുഃഖിക്കേണ്ടിയും വരും എന്നാണ് അപ്പൊ സന്തോഷവും ശാന്തി എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല ഇവിടെ ശാന്തി സന്തോഷം ഒരേ അർത്ഥത്തിൽ പറയും അപ്പോ ഇവിടെ സന്തോഷത്തെ ശാന്തി എന്ന് പറയുന്നത് സ്ഥായി ആയിരിക്കുമ്പോഴാണ് അപ്പോ സാധാരണ മനുഷ്യൻ എന്ത് ചെയ്യുന്നു സന്തോഷത്തിന് വേണ്ടി ശാന്തി ഇല്ലാതാക്കി അശാന്തനായും സന്തോഷത്തെ നേടാൻ ശ്രമിക്കും ഇവിടെ സന്തോഷവും ശാന്തി ഒന്നാകത്തില്ല കാരണം മനുഷ്യർ അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നു അതല്ല ഇവിടെ പറയുന്നു ഇവിടെ പറയുന്നത് ശരിക്കും ആത്മീയമായ ശാന്തിയാണ് ഭൗതികമായ സന്തോഷവുമായിട്ട് അത് യോജിക്കത്തില്ല തുഷാരകര ബിംഭാവം മനോയസ് നിരാകുലം മരണോത്സവ യുദ്ദേശി ശാന്തയിൽ കത്തി ഒരു രാജാവിനോട് ഉപദേശിച്ചു ഭാവി രാജാവാക രാജ്യകാര്യങ്ങളിൽ ഭരണകാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ട ഒരു കഥാപാത്രമാണ് എന്നാണ് ഇവിടുത്തെ കഥാകൃത്തിൻ്റെ താല്പര്യം അപ്പൊ അയാളുടെ ശാന്തി എങ്ങനെയായിരിക്കണം തുഷാരകരം ചന്ദ്രൻ തുഷാരകര ബിംബം ചന്ദ്രബിംബം തുഷാരകര ബിംബാഭം അതിന് തുല്യമായി ചന്ദ്രബിംബം പോലെ നിരാകുലം നല്ല സ്വച്ഛമായ മനോയസ്ഥ്യ ആരുടെ മനസ്സാണോ നല്ല പ്രകാശമുള്ള ചന്ദ്രബിംബം നമുക്ക് അനുഭവപ്പെടുന്നത് വളരെ സ്വച്ഛമായിട്ടാണ് അതുപോലെ ആരുടെ മനസ്സാണോ നിജത്തെളിഞ്ഞ മനസ്സ് ഏ തുഷാരക്കരം തുഷാരം എന്ന് വെച്ചാൽ എന്താണ് മഞ്ഞ് ഈ പഴയ കാലത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ നമ്മുടെ ഇവിടെ ഏതാണ് വൃശ്ചിക മാസത്തിൽ നല്ല മഞ്ഞ് കാണും ഇത് ചന്ദ്രൻ്റെ സൃഷ്ടി എന്നാണ് ചന്ദ്രനാണത് സൃഷ്ടിക്കുന്നതാണ് അതാണ് തുഷാരത്തെ സൃഷ്ടിക്കുന്നവൻ ചന്ദ്രൻ സയൻറ്റിഫിക്കല്ല പഴയ അന്ധവിശ്വാസങ്ങളാണ് അതൊരു വിശ്വാസമാണ് കാരണം എന്താ എന്തുകൊണ്ട് സൂര്യനെന്ന് പറഞ്ഞാൽ ചൂടാണ് ഉണ്ടാകും ചന്ദ്രൻ രാത്രിയും പ്രത്യേകിച്ചും ശരക്കാലത്തിലൊക്കെ നമുക്ക് നല്ല തണുപ്പുണ്ടാവും അപ്പോൾ ഈ രാത്രിയിൽ ഇവിടുന്ന പകല് ചൂട് ചൂടുള്ള സ്ഥലങ്ങളിൽ പോയി താമസിച്ചറിയാം രാജസ്ഥാൻ പകല് അമ്പത് ഡിഗ്രി വരെ പോകും രാത്രിയാണെങ്കിലോ കടുത്ത തണുപ്പ് അപ്പോൾ പകൽ ചൂട് എവിടെ നിന്നുണ്ടായി സൂര്യനിൽ നിന്ന് അപ്പോൾ ഈ രാത്രി തണുപ്പ് എവിടെ നിന്നുണ്ടായി ചന്ദ്രനിൽ നിന്ന് സിമ്പിൾ ലോജിക്ക് അപ്പോൾ ലോജിക്ക് തീരെ സിമ്പിളായാലും കുഴപ്പമാണ് എന്നാൽ ലോജിക്ക് സിമ്പിളായിരിക്കുകയും വേണം ഇപ്പോൾ പഴയ ആൾക്കാരുടെ ഓരോ മണ്ട ബുദ്ധികളാണേ അപ്പൊ പകല് സൂര്യനാണ് ചൂടുണ്ടാകുന്നതെങ്കിൽ രാത്രി ചന്ദ്രനാണ് തണുപ്പുണ്ടാകുന്നത് പിന്നെ കാലാവസ്ഥയിൽ ചന്ദ്രനൊരു പങ്കുണ്ട് പക്ഷെ അവർ ധരിച്ചിരുന്ന പോലെയല്ല അതാണ് തുഷാരകരൻ എന്ന് ചന്ദ്രന് പേര് വന്നത് തുഷാരത്തെ സൃഷ്ടിക്കുന്നവൻ തുഷാരസി കര തുഷാരക്കര കരോദീതി കര തുഷാരകര ബിംബാവം മനോയസ്യ നിരാകലം അതുപോലെ നല്ല സ്വച്ഛമായ മനസ്സുള്ളവൻ മരണ ഉത്സവ ദുഃഖ യുദ്ധേഷു ചുറ്റും മരണം സംഭവിക്കുമ്പോൾ ദുഃഖമുള്ള സമയമാണ് പ്രത്യേകിച്ച് വേണ്ടപ്പെട്ടവർ മരിച്ച ആർക്കായാലും ദുഃഖമുണ്ടാവും പിന്നെ ഉത്സവ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളിലും പിന്നെ എന്താണ് യുദ്ധം എന്തോന്ന് വെച്ചാൽ ജയിക്കാൻ വേണ്ടി മനുഷ്യൻ പരസ്പരം കൊല്ലുന്ന സമയം ഈ വ്യത്യസ്തമായ ജീവിത സന്ദർഭങ്ങളിലും എന്തായിരിക്കണം ഒഴുതൻ്റെ മനസ്സ് നിരാകുലമാണെങ്കിൽ സശാന്ത അവൻ ശാന്തനായിരിക്കും സശാന്ത രീതി കഥ മരണത്തിൽ ശാന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കുന്ന കാര്യമാണ് കുറച്ചൊക്കെ മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്തി എടുത്താൽ ഇപ്പോൾ നിരന്തരം മരണം കണ്ടുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ അവർ കണ്ടു കണ്ടു കണ്ടു പിന്നെ ചെയ്യും മനസ്സ് ദുഃഖിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറും ഒരു തരം വരവെ അതിന് ശാന്തി എന്ന് പറയാം പിന്നെ ഉത്സവം അത് വേണമെങ്കിൽ ആ അമിതമായി വീണ്ടും ദുഃഖം വരും എന്നെല്ലാമുള്ള ഒരു തത്വവിചാരം കൊണ്ട് അവിടെയും നമുക്ക് കുറച്ച് ശാന്തമായിരിക്കും രണ്ട് സാധ്യത പക്ഷേ യുദ്ധത്തിൽ ശാന്തി സാധിക്കില്ല യുദ്ധത്തിൽ ശാന്തി എന്ന് പറയുന്നത് തികച്ചും അത് അസാധ്യമായ കാര്യമാണ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും യുദ്ധത്തിനങ്ങനെ അശാന്തി ഉണ്ടാവും യുദ്ധത്തിൽ ഒരു മഹാഭാരത് യുദ്ധം തന്നെ നോക്കുക യുദ്ധത്തിന് മുമ്പ് ശാന്തിയെക്കുറിച്ചൊക്കെ ഒരുപാട് പറയും യുദ്ധം കഴിഞ്ഞതിന് ശേഷവും ശാന്തിയെക്കുറിച്ച് പറയും പക്ഷേ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരുടെ മനസ്സിൽ ശാന്തി യുദ്ധം ചെയ്യുന്നവരുടെ മനസ്സ് അതുണ്ടാകത്തില്ല ഇനി അങ്ങനെ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരാളുടെ മനസ്സിൽ ശാന്തി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ശാന്തിയല്ല അതൊരു കശാപ്പുകാരൻ്റെ മനസ്സായിരിക്കും കശാപ്പുകാരൻ ഈ പ്രാണികളെയൊക്കെ ഇങ്ങനെ വെട്ടിക്കൊണ്ടു വന്നുകൊണ്ട് ശീലമായി കഴിഞ്ഞ അവിടെ അവൻ്റെ മനസ്സ് മരവിച്ചിരിക്കും അവൻ്റെ മനസ്സിൽ അവൻ ചെയ്യുന്ന ഹിംസയെക്കുറിച്ച് അവന് ദുഃഖമുണ്ടാകത്തില്ല അതുണ്ടാകത്തില്ല പക്ഷെ കശാപ്പുകാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവൻ യുദ്ധം ചെയ്യുന്നില്ല അവൻ അധീനമായ ഒരു പ്രാണിയും കയ്യും കാലുമൊക്കെ കെട്ടിയിട്ടിട്ട് കഴുത്തിറക്കുകയാണ് അപ്പം അവനവിടെ യുദ്ധം ചെയ്യേണ്ട ആവശ്യം വരുന്നത് എനിക്ക് സ്വാധീനമായൊരു പ്രവൃത്തി ചെയ്യുകയാണ് പക്ഷെ യുദ്ധം അങ്ങനെയല്ല തന്നെ എതിർക്കുന്നവനെ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നവനെ തിരിച്ചു കൊല്ലാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അവിടെ താൻ കൊന്നില്ലെങ്കിൽ തന്നെ കൊല്ലും അപ്പം വീറും വാശിയും ക്രോധവും ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ യുദ്ധത്തിൽ കൊല്ലാനും വെല്ലാനും കഴിയൂ ജയിക്കാനും കഴിയും അതുകൊണ്ട് യുദ്ധത്തിൽ ശാന്തി എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല അതാർക്കും യുദ്ധം ചെയ്യാതിരിക്കുക അതിനു പറ്റും ഇല്ലെങ്കിൽ യുദ്ധത്തിൽ ഏർപ്പെടാതെ വളരെ സുരക്ഷിതമായ ഏതെങ്കിലും സ്ഥാനത്തിരുന്നു കൊണ്ട് ഇന്ന് പല രാഷ്ട്രീയ നേതാക്കന്മാരും ചെയ്യുന്നുണ്ട് പണ്ട് രാജാക്കന്മാരങ്ങനെയല്ല നേരിട്ട് പോയി യുദ്ധം ചെയ്യാല്ല ഇന്നങ്ങനെയല്ല രാഷ്ട്രീയ നേതൃത്വമൊക്കെ വളരെ ഭൂമിക്കടിയിൽ പാതാളങ്ങളൊക്കെ ഉണ്ടാക്കിയാകത്തിരുന്നു സുരക്ഷിതമായ സ്ഥാനത്തിരുന്നു കൊണ്ട് യുദ്ധം ചെയ്യിക്കുകയും യുദ്ധത്തിൽ യുദ്ധം കൊണ്ട് ആനന്ദിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ കുറച്ച് മനുഷ്യരുണ്ട് അവർക്ക് സാധിക്കും കാരണം അവർ യുദ്ധത്തിൽ ഏർപ്പെടുന്നില്ല പഴയ യുദ്ധം അങ്ങനെയല്ല നേരിട്ട് യുദ്ധം ചെയ്യുകയാണ് ഒരിക്കലും യുദ്ധത്തിലത് സാധിക്കില്ല പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്താണ് പൂച്ച എലിയെ കൊല്ലുമ്പോൾ അതിനൊരു എന്താ പറയുന്നത് വിളയാട്ടമാണ് ശാന്തി അല്ല അതൊരു ക്രൂരതയാണ് കാരണം പൂച്ചയുടെ മുമ്പിൽ എലി എന്താണ് വളരെ ദുർബലനാണ് പൂച്ചയാണെങ്കിലോ വളരെ സ്മാർട്ടാണ് അപ്പോൾ പൂച്ചയ്ക്ക് എലിയെ കൊല്ലുക എന്ന് പറയുന്നത് വിളയാട്ടമാണ് ക്രൂരമായ ഒരു വിനോദമാണ് മനുഷ്യനും മനുഷ്യനും തമ്മിൽ യുദ്ധം ചെയ്യുന്നത് അങ്ങനെയാണ് ഒരു ശക്തൻ ഒരു ദുർബലനെ ആക്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവനതിൽ ക്രൂരമായ ഒരു ആനന്ദം കണ്ടു ഒന്ന് ശാന്തിയല്ല അതുകൊണ്ട് യുദ്ധത്തിൽ ശാന്തി എന്ന് പറയുന്നത് ഒരു അബദ്ധമാണ് അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു മണ്ടത്തരം അത് ഞാൻ തുറന്ന് പറയുന്നു ഏത് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ അബദ്ധങ്ങളെ ന്യായീകരിക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ റീസ് എന്നത് ഉപയോഗിക്കണം ഒന്നിനോട് മിഥേയത്വം വെച്ചുകൊണ്ടൊന്നും വായിക്കുകയും പഠിക്കുകയും ചെയ്തു അതിൻ്റെ നമ്മുടെ ബുദ്ധിയിലൊരു സവിശേഷമായൊരു ശക്തിയുണ്ട് അതാണ് റീസൺ എന്ന് പറയുന്നത് അത് നമ്മൾ ഉപയോഗിക്കണം ഇത് ഞാനിപ്പോൾ പറയുന്നില്ല വളരെ പ്രാചീന മരായ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതാണ് മനുഷ്യ ഇന്നും എന്നാലും ചിന്തിക്കാൻ തുടങ്ങിയല്ലേ ഈ ആത്മീയക്കാർ എന്താണോ യുക്തി വിചാരം യുക്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഒരു മോശം കാര്യമായിട്ടാണ് വിശ്വാസത്തിനെതിരായ ഒരു കാര്യം എന്നാണ് തിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ കുഴപ്പം യുക്തിവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അവൻ മോശമാണ് ആത്മീയതയ്ക്ക് പറ്റിയെന്നല്ല അങ്ങനെ ഞാൻ ഏറ്റവും പ്രാചീനമായ ഒരു ഉദാഹരണ എൻ്റെ മനസ്സിൽ ഒന്നു സീനോ ഓഫ് സൈറ്റം എന്ന് കേട്ടിട്ടുണ്ടോ എന്താണെന്ന് അറിയാമോ അത് സാധനം എന്താണെന്ന് അറിയാമോ അറിയില്ല എനിക്ക് ഉറപ്പാണ് ഒരു മനുഷ്യന്റെ പേരാണ് കോമൺ ഇറയ്ക്ക് ഏകദേശം മുന്നൂറ് വർഷം മുമ്പ് ഗ്രീക്കിൽ ജീവിച്ചിരുന്ന ഒരു ചിന്തകൾ സ്റ്റോയിസം എന്ന് പറയുന്നൊരു ചിന്ത പഴയ ചോദിച്ചുകൊണ്ട് എൻ്റെ മനസ്സിലത് ഓർമ്മയാണ് വളരെ പ്രചാരമുള്ള ഒരു ചിന്തയാണ് സ്റ്റോയിസം സ്റ്റോയിക്സുകളെന്ന് പറയാവർ ഒരു കാലത്ത് ഗ്രീക്കിനും റോമിനും ഒക്കെ വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് സൈപ്രസിലാണ് ഇന്നത്തെ അപ്പോ അദ്ദേഹത്തിന്റെ ചിന്തയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈശ്വരനെ വിശ്വസിച്ചിരുന്നു എന്ന് മാത്രമല്ല ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ അന്തർലീനമാണെന്ന് വിശ്വസിച്ചിരുന്നു അല്ല പുറമേ ഒരു ഈശ്വരൻ അതിനെ അംഗീകരിച്ചിരുന്നു അപ്പൊ ഈശ്വരൻ പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നു നമ്മുടെ കണ്ടുപിടുത്തമാണെന്നൊക്കെ പറയുന്നവരുണ്ട് നമ്മുടെ കണ്ടുപിടുത്തമൊന്നുമില്ല ലോകത്തെല്ലായിടത്തും മനുഷ്യരി ചിന്തിച്ചിരുന്നു നമ്മൾ മാത്രമല്ല ചിന്തിച്ചിരുന്നു ഈശ്വരൻ മനുഷ്യരിലിരിക്കുന്നു എന്നാണ് എന്നും പറഞ്ഞിരുന്നു മനുഷ്യരിൽ അത് ഈശ്വരൻ എങ്ങനെയായിരിക്കുന്നത് മനുഷ്യരിൽ ഈശ്വരൻ ഇരിക്കുന്നത് റീസൺ യുക്തിയുടെ രൂപത്തിലാണ് ഇരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ഇന്നും അതിന് ആരാധകരുള്ള ഡിവൈൻ സ്പാർക്ക് ഇൻ ഹ്യൂമൺ എന്നാണ് റീസണെ കുറിച്ച് പറഞ്ഞത് സ്റ്റോയിസ് സ്റ്റോയിസത്തില് ഒരു ദൈവികമായ സ്പാർക്ക് മനുഷ്യൻ്റെ ബുദ്ധിയിലിരിക്കുന്നതാണ് റീസൺ മനുഷ്യനത് ഉപയോഗിച്ച് ജീവിക്കണം എങ്ങനെ ജീവിക്കണം ജീവിതം മൂല്യാധിഷ്ഠിതമായിരിക്കും ഇപ്പോൾ മൂല്യാധിഷ്ഠിത ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യൻ്റെ മനുഷ്യനൊരു പ്രകൃതിയുണ്ട് മനുഷ്യൻ്റെ പ്രകൃതി നമ്മുടെ പുറമെ ഈ പ്രപഞ്ചത്തിൽ എന്ന് പറയുന്ന ഒരു പ്രകൃതിയാണ് മനുഷ്യൻ്റെ ആന്തരികമായ പ്രകൃതിയും ബാഹ്യമായ പ്രകൃതിയും തമ്മിലുള്ള പൊരുത്തം കണ്ടെത്തി ജീവിക്കണം അങ്ങനെ ജീവിക്കുന്നതിന് വേണ്ടി നമ്മുടെ റീസൺ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ സിനോ ഒരുപാട് പേര് അതിലാചാര്യന്മാരുണ്ട് അപ്പോൾ ഈ യുക്തിയുടെ പ്രാധാന്യം ഈ വാസൃഷ്ടത്തിലാണെങ്കിലോ നിരന്തരം പറയും കൊടുത്ത് ഇങ്ങനെ എന്താണ് യുക്തി യുക്തി യുക്തോപാധി യുക്തിക്ക് നിരക്കുന്നതേ സ്വീകരിക്കാവും എന്ന് പറയും നമ്മുടെ ഇവിടെയും താർക്കികന്മാരും മറ്റുമൊക്കെ യുക്തിക്ക് വലിയ പ്രാധാന്യം കൊടുക്കും പക്ഷേ ഇവിടെ ഒരു വലിയൊരു ദോഷമുണ്ട് നമ്മുടെ യുക്തി എന്താണ് ആ ദോഷം പ്രമാണം എന്ന് പറയുന്ന ഒന്ന് രസീകരിക്കുമ്പോൾ ആ ഒരു യുക്തിയെ മാറ്റിവെക്കും അവിടെയാണ് പ്രമാണം എന്ന് പറയുമ്പോൾ ശബ്ദപ്രമാണം ഇപ്പൊ താർഹികന്മാർ വളരെ തർക്കത്ത് ഉപയോഗിക്കുന്നവരാണ് പക്ഷേ അവരുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രം ന്യായസൂത്രം ഭാഷ്യം ഇതിലൊക്കെ എന്തെങ്കിലും അബദ്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ യുക്തി പരാക്രമം മുഴുവൻ കാണിക്കുന്ന അബദ്ധത്തെ ന്യായീകരിക്കാനുള്ളതുകൊണ്ട് അവർക്ക് ഏറ്റവും വലുത് ശാസ്ത്രം പ്രമാണമാണ് ഈ ശാസ്ത്രമെന്ന് പ്രമാണത്തിൽ നിന്നുകൊണ്ട് നമുക്ക് യുക്തിയെ സത്യസന്ധമായി ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്താണോ ഈ ശാസ്ത്രങ്ങളിൽ പഴയകാലത്ത് എഴുതിയല്ല ഒരുപാട് അബദ്ധങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ എഴുതി വെച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും എന്താണ് ഇതിൻ്റെ താല്പര്യമെന്നു വെച്ചാൽ ഇതിൽ നിന്നൊരു ശരി കണ്ടെത്തി ഞാൻ വ്യാഖ്യാനിക്കണം ഇത് ശരിയില്ല ഇത് അബദ്ധമാണോ എന്ന് നമ്മുടെ മനസ്സൊരിക്കലും അങ്ങനെ അതിനാണ് വിധേയത്വം എന്ന് പറയുന്നത് അബദ്ധമാണത് അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം നമ്മുടെ യുക്തിയോടെ ഉപയോഗിക്കുന്നു മോശം കാര്യമല്ല ഈ പ്രാചീന ഗ്രീക്കുകാർ പറഞ്ഞതുപോലെ നമുക്കൊരു മൂല്യാധിഷ്ഠിതമായ ജീവിതം നമ്മുടെ ഈ പ്രകൃതിയുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കണമെങ്കിലും അതിന് നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ട നമ്മുടെ യുക്തിയാണ് അവർ യുക്തി ഉപയോഗിച്ച ജീവിതത്തിന് വേണ്ടിയിട്ടാണ് വെറുതെ അപ്രായോഗികങ്ങളായ സിദ്ധാന്തങ്ങളെ കെട്ടിപ്പോക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ നമുക്കിങ്ങനെ യുക്തി ഒക്കെ ഉള്ളവർ ഒരുപാടുണ്ട് പക്ഷേ അവർ ഈ ശാസ്ത്രത്തിൽ നമ്പി വരുമ്പോൾ യുക്തിയെ എടുത്ത് കളയും എന്നിട്ട് ശാസ്ത്രത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതാണ് ശരിയെന്ന് അതാണ് അതിൻ്റെ ഒരു കുഴപ്പം അതുകൊണ്ട് എന്താണ് റീസൺ ലോജിക് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു ഉപയോഗിച്ച് ശാസ്ത്രത്തെ മനസ്സിലാക്കുക എന്നാലേ അത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ രണ്ട് സ്ഥലത്തും എന്താണ് മരണത്തിലും ഉത്സവത്തിലും ഒരാൾക്ക് ശാന്തനായിരിക്കാം യുദ്ധത്തിന് നടക്കില്ല അതാണ് ഈ പറയുന്നത് പ്രത്യേകിച്ചും അന്നത്തെ യുദ്ധത്തിൽ നമ്മൾ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു യുദ്ധത്തിൽ നമ്മൾ വാളും കുന്തവും ഒക്കെയായിട്ട് യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നടക്കില്ല സ്ഥിതോപിന് സ്ഥിതൈവ നൃഷ്യതി നുപ്യതി സൃഷ്ട സമസ്വസ്ഥ സശാന്തേ വീണ്ടും നിശാന്തനെ കുറിച്ച് പറയുകയാണ് എഴുപത്തിയാറ് സ്ഥിതൻ എന്നിട്ട് ഇവിടെ സ്ഥിരൻ എന്നർത്ഥം സ്ഥിതോവി നവ നൃഷ്യതി നുപ്യതി യ സുഷുക്ത സമസ്വസ്ഥാന്തയി കഥ്യത ഇപ്പോൾ വ്യവഹാരങ്ങളിൽ അങ്ങനെയാണ് ആന്തരികമായി അമനുസ്ഥിരനായിരിക്കും പക്ഷേ ബാഹ്യമായി സ്ഥിതയോ അസ്ഥിരനല്ലാത്തതുപോലെ കാണപ്പെടും കാരണം പ്രവൃത്തി അങ്ങനെയാണല്ലോ പഞ്ചേന്ദ്രിയങ്ങളും പ്രവർത്തിക്കുകയല്ലേ നമുക്കൊരു നമ്മുടെ ജീവിതത്തിലെ നിരന്തരമായ അഭ്യാസത്തിലൂടെ നമ്മുടെ ഉള്ളിലൊരു ശാന്തിയോ സമാധാനമോ ഒക്കെ നേടാൻ കഴിഞ്ഞാൽ നമ്മളതെങ്ങനെ ആൾക്കാർ പോയി പ്രദർശിപ്പിക്കും അത് പ്രദർശിപ്പിക്കാനുള്ള ശ്രമമൊക്കെ വ്യർത്ഥമാണ് അതിലാവശ്യമുണ്ട് ജീവിതം എന്ന് പറയുന്നത് എന്താണ് ഇതൊരു ഷോയല്ല മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മറ്റുള്ളവരെ കൊണ്ട് അപ്രീഷ്യേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിനുള്ളൊരു ശ്രമമല്ല മനുഷ്യൻ്റെ പ്രകൃതി ജീവിതമെന്ന് പറയും ആന്തരികമായി സ്ഥിരത ഉണ്ടെങ്കിലും ശാന്തി ഉണ്ടെങ്കിലും ശാന്തിയിലുള്ള സ്ഥിരതയാണ് ഇവിടെ പറയും പുറമെ അങ്ങനെ ഒരിക്കലും അനുഭവപ്പെടണമെന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ആക്ഷൻ റിയാക്ഷൻ ഇതാണ് ഇവിടെ കാണുന്നു കേൾക്കുന്നു പറയുന്നു ചിന്തിക്കുന്നു അനുഭവിക്കുന്നു പ്രതികരിക്കുന്നു സാമാന്യമായ രീതിയിൽ ഒന്നും ഓവറല്ല സാമാന്യരും ആ രീതിയിൽ ഇങ്ങനെ ജീവിതം മുമ്പോട്ട് പോകത്തുള്ളൂ വിശപ്പ് വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു ദാഹിക്കുമ്പോൾ കുടിക്കും ഇതൊക്കെ അശാന്തിയുടെ ലക്ഷണമാണെന്ന് വേണമെങ്കിൽ ഒരാൾക്ക് വ്യാഖ്യാനിക്കാം ശാന്തനാണെങ്കിൽ അയാൾ അല്പമെങ്കിലും അശാന്തി ഉണ്ടാകാതെ അയാൾ എന്തിനാണ് ഭക്ഷണത്തെ ആഗ്രഹിച്ച് എന്തിനെ ഭക്ഷണം കഴിച്ചു എന്നൊക്കെയുള്ള തർക്കമുന്നയിക്കുക എന്തുകൊണ്ട് കാണുന്നവൻ്റെ ദൃഷ്ടി തോന്നുന്നു ഇവനെന്തോ ഒരു അശാന്തി ഉള്ളതുകൊണ്ടാണ് ഇവൻ ഭക്ഷണം അന്വേഷിച്ച് അങ്ങനെ ആവണമെന്നില്ല കാരണം ശാന്തി എന്ന് പറയുന്ന ആന്തരികമായ മനസ്സിൻ്റെ ഒരു ഭാവമാണ് സ്വസ്ഥത എന്ന് പറയുന്നത് അത് വന്ന് ചിരിച്ചെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുന്നതല്ല അങ്ങനെ നഷ്ടപ്പെടുന്ന ആൾക്കാർ ധരിക്കും എന്ന് വിചാരിച്ച് എന്താണ് കൃത്രിമ ഗൗരവം നടിച്ചപ്പോഴിരിക്കേണ്ട കാര്യമുണ്ട് ഞാൻ പലരും കണ്ടിട്ടുണ്ട് ആത്മീയക്കാർ ചിരിക്കത്തില്ലവർ ചിരിച്ച വായിക്കൂടി വരുമ്പോൾ ഞാൻ നഷ്ടപ്പെടുവെന്നാണ് അപ്പോൾ മറ്റുള്ളവർ തന്നെ അളക്കാൻ പലതരത്തിലുള്ള അളവുകോലുകളുമായിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് അവരുടെ അളവ് കോലുകൾക്ക് അനുസരിച്ച് അളക്കാൻ പാകത്തിനായി താൻ എന്താണ് പ്രത്യേകമായ ഒരു മൂഡിൽ ഇരിക്കണമെന്ന് ചിന്തിക്കുന്ന ജ്ഞാനികളാണവർ അപ്പം മറ്റുള്ളവരുടെ അളവ് ഒരിക്കലും പരിഗണിക്കേണ്ട കാര്യമില്ല സ്വന്തം നിലയിൽ നിന്ന് വിട്ടുപോകാതെ സ്വയം ഇരിക്കുക മറ്റുള്ളവൻ എന്ത് വിലയിരുത്തുന്നു ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല ഈ ഒരു കാര്യത്തിൽ അപ്പം അതുകൊണ്ട് തൻ്റെ ചേഷ്ടകളിലൂടെ മറ്റൊരാൾ തന്നെ വിലയിരുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അയാൾക്ക് പറ്റുന്ന അബദ്ധമാണ് ചേഷ്ഠകൾ ബാഹ്യമാണ് മനോനില ആന്തരികമാണ് ിൽ പണ്ടല്ല കുറച്ച് വർഷം ഞങ്ങൾ രണ്ടുമൂന്ന് പേര് കൂടിയൊരു ആത്മീയമായ ആത്മീയമായി അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ കാണാൻ പോയി അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പ്രായം ചെന്ന ആളാണ് വേദാന്ത പണ്ഡിതനാണ് ഞാൻ ചോദിച്ചെങ്ങനെയുണ്ട് കണ്ടിട്ടാണ് വേറെ നമ്മൾ അങ്ങനെ ഒന്നുമില്ല ആളെ കണ്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയാ ചോദിച്ചു ആൾ പറഞ്ഞത് കുറച്ചുകൂടെ വരാനുണ്ട് ശരിയായിട്ടില്ല ആ അത് കൊള്ളാമല്ലോ ചക്കയൊക്കെ ചിലവിടെ ഇങ്ങനെ പൊട്ടി നോക്കിയിട്ട് കുറയല്ലോ ഇനി കുറച്ചുകൂടെ വിളയാനുണ്ട് അതുപോലെ കണ്ടിട്ട് ഇയാൾ പറയുന്നത് കുറച്ചുകൂടെ വരാനുള്ളൂ എന്താണ് ഞാൻ ചോദിച്ചെന്താ പ്രശ്നം മൂപ്പെത്താത്തത് എന്തുകൊണ്ടാണ് അപ്പോഴാണ് അയാൾ പറയുന്നത് ആൾ ചിരിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ് ശരിയായ ഒരു നിലയിലെത്തിയിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞതാണ് ഞങ്ങൾ പിന്നെ ഇതിനെ കുറിച്ച് കാറിലിരുന്ന് വലിയ തർക്കമായി വലിയ വാഗ്വാദം നടത്തി അതായത് ഈ ചിരി ഒരു അളവ് പോലാണോ ഒരാളുടെ മാനസിക നിലയിൽ ചിരിയോ കരച്ചിലോ ഒന്നുമല്ല പക്ഷേ ഈ പുള്ളി അംഗീകരിക്കത്തില്ല കാരണം പുള്ളി പഠിച്ചു വച്ചിരിക്കുന്ന വേദാന്തം തലതിരി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് വർഷ ഈ വ്യക്തിയുമായിട്ട് വർഷങ്ങളായി പരിചയമുണ്ട് ഞാനീ മനുഷ്യൻ ചിരിച്ചു കണ്ടിട്ടേ ഇല്ല മനുഷ്യൻ ചിരിക്കാറേയില്ല ആകെ ചിരിക്കുക എന്ന് പറഞ്ഞാൽ പൂച്ചയ്ക്ക് ദേഷ്യം വരുമ്പോൾ പല്ലളിക്കുകയല്ല അതുപോലെ ഇങ്ങനെ ഒരു പല്ല് പുറത്ത് കാണിക്കുന്ന അല്ലാതെ ചിരിക്കുകയില്ല അപ്പം ഇദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് ചിരിച്ചു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ അജ്ഞാനിയായിട്ട് കണക്കാക്കും അതുകൊണ്ട് ചിരിക്കുകയില്ല മസിൽ പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ പ്രത്യേകം പറയുന്നു ബാഹ്യമായി സ്ഥിരമല്ലാത്തതുപോലെ തോന്നും എന്ന് വെച്ചാൽ വ്യവഹാരങ്ങളിലൂടെ നമുക്ക് ഒരു മനുഷ്യനെ മനുഷ്യൻ്റെ ആന്തരികമായ തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല അതാണ് ഈ കാര്യം പറയുന്നത് നഹർഷ്യതി നകുത്യതി അത് സാമാന്യമായി വേണ്ട ഒരു മര്യാദയാണ് എന്താണോ അത്യാഹ്ലാദം പ്രകടിപ്പിക്കാതിരിക്കുക ഉള്ളിൽ അതിരോഷമുള്ളിൽ കടന്നു വരാതിരിക്കുക അത് ബാഹ്യമായതിനെക്കുറിച്ചല്ല പറയുന്നത് ഇതാണ് ധരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ അതിരോഷം വരികയാണെങ്കിൽ നിസാരകാര്യത്തിനും വരും സ്വയം നിയന്ത്രിക്കാൻ വയ്യാതെ വരും കോപ്പം ചിലപ്പോൾ നമ്മൾ പ്രതികരിക്കുക അല്ലെങ്കിൽ കടിച്ച മറുത്തും അത് പലതരത്തിലുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും അതുപോലെ തന്നെ അത്യാഹ്ലാദം ഉള്ളിൽ വരിക നിലവിട്ട് പെരുമാറിപ്പോവുക ഇത് ആന്തരികമായ മാനസിക നിലയിൽ ഇതൊന്നും പാടില്ലെന്നാ പറയും അത് സ്ഥിരമായിരിക്കണം സ്ഥിരനാണെങ്കിലും അതാണ് പറയുന്നത് ഈ അസുഷുപ്ത സമ ആന്തരികമായി സുഷുപ്തനെ പോലെ ഇരിക്കുന്നു സുഷിപ്തനെ പോലെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ണടച്ചിരിക്കുക എന്നുള്ള അർത്ഥമാണ് കണ്ണടച്ചിരിക്കുന്നത് അല്ല സുഷുപ്തസമനം എന്ന് പറയും മനസ്സിന് എന്താണ് സുഷുപ്തനെ പോലെയുള്ള ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്ന മനസ്സിൻ്റെ സ്ഥിരത തന്നെയാണ് മനോനില അങ്ങനെ ഒരു ഉദാഹരണം പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ സുഷുപ്തനെ പോലെയാണ് സുഷുപ്തനെന്നല്ല പറഞ്ഞു ഉറങ്ങുക എന്നുള്ളതല്ല ഈ സുഷുപ്തനെ പലയിടത്തും ഉദാഹരണമായിട്ട് ഇനിയും പറയും അവിടെ എല്ലായിടത്തും സുഷിപ്ത സമനെന്ന് പറയും അപ്പോൾ അത് വാസുഷ്ടത്തിന്റെ തന്നെ ഭാഷയെ പറയുകയാണെങ്കിൽ അടുത്ത് പറയുന്നു സ്വസ്ഥ സ്വസ്ഥതയാണ് മാനസികമായ സ്വാസ്ഥ്യം അതാണ് സുഷിത്വ സമനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ സംശയിക്കേണ്ട കാര്യമില്ല അപ്പൊ നമ്മുടെ ജീവിത സന്ദർഭങ്ങളിൽ പലപ്പോഴും നമ്മുടെ സ്വാസ്ഥ്യം നമ്മുടെ കയ്യിൽ നിന്ന് പോകും നമ്മൾ മനസ്സ് അസ്വസ്ഥമാവും നമ്മുടെ പ്രകൃതി മുഴുവൻ അസ്വസ്ഥമാവും നമ്മുടെ കരണങ്ങൾ അസ്വസ്ഥമാവും ഇത് മനുഷ്യർക്കൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് നമുക്കെല്ലാവർക്കും സംഭവിച്ചിട്ടുള്ളതാണ് ഏത് സമയം സംഭവിക്കാം എന്നുള്ളതാണ് ഇനിയും അല്ലാതെ അസ്വസ്ഥനാകാത്ത ഒരു മനുഷ്യൻ അങ്ങനെ ഒരു മനുഷ്യനൊന്നുമില്ല പക്ഷെ ഇത് ഒരാർജിക്കേണ്ട ഒരു ക്വാളിറ്റി ആയിട്ടെടുത്ത് കാണുകയാണ് അങ്ങനെ ഒരു മനസ്സിൽ ഒരു സ്വസ്ഥത ഉണ്ടെങ്കിൽ ശാന്തയിരിക്കും ശാന്തനാണ് പലതവണ ഈ വാക്കുപയോഗിച്ചിട്ടുണ്ട് സ്വാസ്ഥ്യം അപ്പം ഇങ്ങനെ നമ്മളോട് ആവർത്തിച്ച് പറയുമ്പോൾ നമുക്കങ്ങനെ ഒരു സ്വാസ്ഥ്യം മനസ്സിനുണ്ടാക്കിയെടുക്കാൻ ഒരു താല്പര്യമുണ്ട് സ്വസ്ഥമായിരിക്കാൻ സ്വസ്ഥ അതാണല്ലോ ജീവിതത്തിൽ ഏറ്റവും വലുത് ബാക്കി എന്തൊക്കെ നമ്മൾ നേടാൻ പോയാലും ശ്രമിച്ചാലും ജയിക്കാൻ ശ്രമിച്ചാലും മറ്റുള്ളവരൊക്കെ തോപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിലൊരു സ്വസ്ഥതയില്ലെങ്കിൽ അത് നമുക്ക് നിരാശയുണ്ടാകും അതുകൊണ്ട് പറയുന്നു സുഷുപ്തസമനായിരിക്കുക എന്ന് വെച്ചാൽ അസ്വസ്ഥനായിരിക്കുക അവനാണ് ശാന്തനൂടെ അമൃതസ്ത്യന്തസുഭകർവനം പ്രതി ദൃഷ്ടി പ്രസരതി പ്രീതശാന്തയിൽ കത്തിയതേ പ്രീതാദൃഷ്ടി ഏതൊരുവൻ്റെ പ്രീതമായ സന്തുഷ്ടമായ ദൃഷ്ടി ഇവിടെ ദൃഷ്ടി എന്ന് പറയുമ്പം കേവലം കണ്ണും എന്നെടുക്കരുത് നോക്കുന്നതിൻ്റെ പിന്നിലുള്ള മനോഭാവം അതാണ് ശരിക്കും ദൃഷ്ടി എന്ന് പറയും കാരണം കണ്ണിനവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല നമുക്കൊരാളെ കോപത്തോടുകൂടി നോക്കാം സ്നേഹത്തോടുകൂടി നോക്കാം ശാന്തമായി നോക്കാം അപ്പോൾ ഈ കണ്ണിൽ വ്യത്യാസം വരുന്ന എവിടെയാണ് കണ്ണിലല്ല നമ്മുടെ മനസ്സിലാണ് അത് കണ്ണു പ്രതിഫലിപ്പിക്കും കണ്ണ് പ്രതിഫലിപ്പിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഈ കണ്ണിലുള്ള മസിലുകൾ അതിന് ചുറ്റുമുള്ള മസിലുകൾ അത് കോപത്തോട് നോക്കുകയാണെങ്കിൽ അത് വരിഞ്ഞും മുറുകും അവിടെ ടെമ്പർ കൂടും അത് നമ്മുടെ മനസ്സാണ് അപ്പൊ ദൃഷ്ടി എന്ന് പറയുന്നത് കൊണ്ട് പ്രീതമായ ദൃഷ്ടി ശാന്തമായ കണ്ണോടുകൂടി യസ്യദൃഷ്ടി നല്ല ദൃഷ്ടിയാണ് അമൃതത്യന്തസുഭക അമൃതൊഴുക്കാകുന്ന സുഭകം ഐശ്വര്യം ഭഗവെന്ന് വെച്ചാൽ ഐശ്വര്യം സുഭവം എന്ന് വെച്ചാൽ നല്ല ഐശ്വര്യം ഐശ്വര്യപൂർണ്ണമായ ദൃഷ്ടി എന്നർത്ഥം ആനന്ദത്തിൻ്റെ അമൃത ഒഴുക്ക് എന്ന് വേണമെങ്കിൽ പറയാം ആനന്ദത്തിൻ്റെ ഒഴുക്ക് ആകുന്ന ഐശ്വര്യം അമൃതം ഒന്നിച്ചാണ് ചിന്തോന്നിച്ച് തൻ്റെ ഒഴുക്ക് സുഖമൊന്നിച്ച ഐശ്വര്യം അപ്പോൾ അങ്ങനെയുള്ള മനോഭാവത്തോടു കൂടി മറ്റുള്ളവരെ അപേക്ഷിക്കുന്നവൻ എന്നു വരുക അവിടെ കേവലം കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമാണ് കണ്ണിന് മാത്രം ഒരു വിശേഷതയുണ്ട് അപ്പോൾ സന്തോഷത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി മറ്റുള്ളവരോട് വ്യവഹരിക്കുന്നവനെന്നർത്ഥം ആ വ്യവഹാരത്തെല്ലാം സൂചിപ്പിക്കുന്ന ദൃഷ്ടി എന്ന് പറയുന്നത് അയാളുടെ വ്യവഹാരം എന്ന് പറയുന്നത് എന്താണ് മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കുന്നതായിരിക്കും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതായിരിക്കും അങ്ങനെയുള്ള യസ്ഥ്യദൃഷ്ടി സർവജനം പ്രതി പ്രസരത്തി ഒരാളുടെ വ്യവഹാരം എല്ലാ മനുഷ്യർക്കും അങ്ങനെ ആയിരിക്കുകയാണെങ്കിൽ സശാന്തിരിക്കത് അവൻ്റെ ഉള്ളിൽ ശാന്തിയുണ്ട് അവൻ്റെ ഉള്ളിൽ ശാന്തി ഉള്ളതുകൊണ്ടാണ് അവനെ കരുതി മറ്റുള്ളവർക്ക് അസ്വസ്ഥതകളുണ്ടാക്കരുത് അവനൊക്കെ ഇപ്പോൾ ഒരാൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതിനും മറ്റൊരാൾ നിമിത്തം അങ്ങനെയൊന്നും നിയമമൊന്നുമില്ല എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് ഞാൻ മതി എൻ്റെ ചിന്തയും എൻ്റെ പ്രവൃത്തി എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കും ഇത് പറയുന്ന അങ്ങനെയല്ല നമ്മുടെ പരസ്പര വ്യവഹാരത്തിൽ ഒരുത്തൻ മറ്റൊരുത്തൻ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് അത് അസ്വസ്ഥത ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ അവൻ സ്വയം ശാന്തനായി അശാന്തനാണെങ്കിൽ മറ്റുള്ളവർക്ക് അവൻ ശാന്തി ഉണ്ടാക്കി അശാന്തി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും എപ്പോഴും മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും നമ്മളൊരു സമൂഹമായി ജീവിക്കുമ്പോൾ ആൾക്കാരെ സാധാരണ പറയാനുള്ള അവൻ വലിയൊരു ന്യൂസ് സെൻസാണെന്ന് പറയും എല്ലാവരും എപ്പോഴും മറ്റുള്ളവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുക ഏതെങ്കിലും തരത്തിൽ അതെന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നവർ അശാന്തരാണ് അതുകൊണ്ടാണ് നിങ്ങൾ ആരാണെന്ന് ഇപ്പം ചിന്തിക്കണ്ടിന്തിക്കാതെ തന്നെ അറിയാം ആരാണ് എപ്പോഴും നമുക്ക് ശല്യം ഉണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ കാണും അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ അത് നമ്മൾ തന്നെ ആയിരിക്കും എന്തുകൊണ്ട് സ്വയം നമ്മുടെ മനസ്സ് പ്രശ്നങ്ങളുണ്ടാവും നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് നിരന്തരം ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ അവൻ ശാന്തനാണ് എന്ന് പറയുന്നു യോന്ത സീതളതാം യാദോ യോ ഭാവേഷു നീ വ്യവഹാരി കഥ്യത ശാന്തനായിരിക്കുന്നവൻ യോഗി പറയുന്ന പോലെ എന്നാണ് ചിത്തവൃത്തിയെല്ലാം നിരോധിച്ച് പ്രപഞ്ചബോധമില്ലാതെ അസംപ്രജ്ഞാത സമാധിയോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തോക്കെ ഇരിക്കണമെന്നും വാസുഷ്ടത്തിൽ യാതൊരു നിർബന്ധവുമില്ല അതാണ് പറയുന്നത് വ്യവഹാരി വ്യവഹാരിയാണെന്ന് വെച്ചാൽ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നു മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു നിരന്തരം അങ്ങനെ ഇരുന്നാലും അന്തശ്ചീതാമ്യാത ഏതൊരുവനാണോ ഉള്ളിൽ ശാന്തിയെ സമാധാനത്തെ സന്തോഷത്തെ നേടിയത് ഈ ശാന്തിക്ക് ഇവിടെ ശാന്തി സന്തോഷം ഇതിനൊക്കെ നിരന്തരം ഇതിൽ വരുന്ന വാക്കാണ് അന്തശീതളത അത് എന്താണ് ഇത് സ്വ അനുഭവ വേദ്യമായത് കൊണ്ടാണ് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല മനസ്സിൽ ശാന്തി ഉണ്ടെങ്കിൽ അവനറിയാം ഇല്ലെങ്കിലും അവനറിയാം ഇത് രണ്ടും അവന്റെ തിരിച്ചറിവാണോ പുസ്തകത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്നതല്ല മറ്റൊരാൾ സ്തുതിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതല്ല ശാന്തനാണോ എന്നെല്ലാം സ്തുതിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചറിയുന്ന കാര്യമല്ല അതിന് സ്തുതി പാഠകന്മാരുടെ ആവശ്യമുണ്ട് അത് വിഡ്ഢികളുടെ പണിയാണ് അപ്പോൾ നമ്മുടെ ശാന്തി നമ്മൾ കണ്ടെത്തണം സ്വയം കൊണ്ടെത്തണം അതിനുള്ള പറയുന്ന അന്തസ്ഥീതരുത്താം യാതാദന പ്രാപിച്ചവൻ യോ ഭാവേഷനമഞ്ചതി അവനെന്ത് ചെയ്യുന്നു ഭാവങ്ങളിൽ അവൻ്റെ ചുറ്റുപാടുകളിൽ അവൻ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്ന ചിന്തിക്കുന്ന എല്ലാ വിഷയങ്ങളും ഭാവങ്ങളാണ് അവനവൻ്റെ ഉള്ളിലുള്ള ശാന്തിയെ കൈവിട്ടിച്ച് ആ ഭാവങ്ങളിൽ അവൻ മുഴുകിപ്പോകുന്നില്ല അതിന് മുഴുകിപ്പോയാൽ നമ്മുടെ ശാന്തി കൈ പോകും എന്നാൽ എന്താണ് വ്യവഹാരി അവൻ വ്യവഹാരത്തിൽ ഉണ്ട് അവൻ പ്രവർത്തിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് വ്യവഹാരമെന്ന് പറഞ്ഞാൽ എന്താണ് ഒരുവന്റെ ജീവിത സാഹചര്യ സാഹചര്യത്തിനനുസരിച്ച് അവൻ ചെയ്യേണ്ട പ്രവൃത്തി എന്താണെന്ന് വെച്ച് ഇവിടുത്തെ കഥാപാത്രത്തിനോട് പറയുന്ന എന്താണ് ഭാവിയിൽ രാജ്യഭരണമെന്ന് പറയുന്നു അത്രയും വലിയൊരു പ്രവൃത്തി ആയാലും ശരി നീ ഇപ്പോൾ നേരത്തെ തന്നെ സമാധാനം കണ്ടെത്തിക്കുന്നു ആ സമാധാനത്തിൽ നിന്നുകൊണ്ട് ഭാവിയിൽ നിന്റെ പ്രവൃത്തി ചെയ്യ എന്നാണ് പറയുന്നത് എന്നെ സമ്മൂട്ട പക്ഷേ അതിനുള്ളൊരു വിവേകം വേണം ആ വിവേകമാണ് ഇവിടെ വസിഷ്ഠൻ രാമന് ഉപദേശിച്ചുള്ളത് ഈ പറയുന്നത് മുഴുവൻ വിവേകമാണ് നിരന്തരം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്തരം ഒരു വിവേകത്തെ കുറിച്ചാണ് ഇതെല്ലാം ഒരേ സമയം ആ ശാന്തിയെക്കുറിച്ച് പറയുകയാണ് അതേസമയം ശാന്തിയുടെ ഉപായങ്ങളുടെ പറയുകയാണ് മഞ്ചതി എന്ന് പറഞ്ഞാൽ എന്താണ് അത് ശാന്തിയുടെ ഒരു ഉപായമാണോ അങ്ങനെ ഈ പറയുന്നിടത്തെല്ലാം ഓരോ സംഭവം അല്ല എന്താണ് ഹുഷ്യതി നുപ്യതി സ്ഥിതോപിനസ്ഥിത ഇതെല്ലാം പറയുന്നത് എന്താണ് എൻ്റെ ഉപായങ്ങളുമാണ് ശങ്കരായൂർ പറയും എന്താണ് സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നത് സാധ്യവുമാണ് സാധനവുമാണ് മാനസികമായ സമ്മതനയെക്കുറിച്ച് സ്വസ്ഥതയെക്കുറിച്ച് ശാന്തിയെക്കുറിച്ച് ഉപദേശങ്ങൾ വരുന്നോ അതൊക്കെ എത്തിച്ചേരേണ്ട ഒരു സ്ഥാനവും അത് എത്തിച്ചേരാനുള്ള വഴിയുമാണ് രണ്ടും ഒന്നാണത് അത് ഈ പറയുന്നത് പലപ്പോഴും ഇത് സ്തുതിപരമായിരിക്കും ശാന്തിയെ സ്തുതിക്കുകയാണ് പക്ഷെ അവിടെ തന്നെ എന്ത് വരും എങ്ങനെ അവിടെ എത്തിച്ചേരാം മനസ്സിൽ എങ്ങനെയാണ് നില കൈവരിക്കുക അതും അതാണ് ഇവിടെ പറഞ്ഞത് ഭാവശേഷൻ്റെ മനസ്സിലത്തി വ്യവഹാരി സമ്മൂഢ അവൻ മോഹമുള്ളവനല്ല എന്ന് വെച്ചാൽ വിവേകമുള്ളവനാണ് അടുത്ത പതിനാലാമത്തെ സർഗം മുഴുവൻ വിവേകത്തിലുള്ള വഴിയെ കുറിച്ചാണ് പറയും ഓരോന്നോരോന്നായിട്ടൂടെ പറയുക വിവേകം എങ്ങനെ ഉണ്ടാവും വിചാരം കൊണ്ടേ ഉണ്ടാവും ചിന്ത കൊണ്ടേ ഉണ്ടാവും എങ്ങനെ ചിന്തിക്കണോ അത് പറയും എങ്ങനെയെങ്കിലും ചിന്തിച്ചാൽ മതി അപ്പൊ അവൻ മോ മൂഢതയുള്ളവനല്ല സശാന്തയിൽ കഥ്യത അവനെ ശാന്തനെന്ന് പറയുന്നു അപ്പ്യാപത്സുരാ ദുരന്താസ് കൽപ്പാന്തേഷു മകസ്വവി ദുച്ഛേഹം എന്ന മനോയസ്യ സ ശാന്തയിൽ കഥ്യത മഹസ്തുപസ്തു ആപത്തുകളെ കുറിച്ച് ഈ ലോകം ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോ ലോകത്തിൽ എന്തുണ്ടാവും ഇത് അവസാനിക്കുന്നവരെ അതാണ് കൽപ്പഅന്തം വരെ ദുരന്തം അവസാനിക്കാത്ത മഹത്തായ വലിയ ആപത്തുകൾ ഇത് പ്രകൃതിയുടെ സ്വഭാവത്തെ കുറിച്ച് പറയാം അതിങ്ങനെ സംഭവിച്ചുകൊണ്ട് കുറച്ച് ശാന്തമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഒരു അത്യാപത്ത് വരും വീണ്ടും അത് മാറും അപ്പൊ ഇത് കൽപ്പാന്തര പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഇത് മാറ്റാൻ കഴിയത്തില്ല എന്നാണ് അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് ശാന്തി ഉണ്ടാക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ മനുഷ്യൻ ഇതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നർത്ഥമല്ല മനുഷ്യനെപ്പോഴും അവന്റെ പ്രകൃതിയെയും ബാഹ്യ പ്രകൃതിയും സ്വാധീനത്തിലാകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ അതിൽ എന്താണോ അതിനെ സമീപിക്കാനേ വിട്ടു അതിനോട്ടടുക്കാനേ മനുഷ്യന് വിടും അല്ലാതെ അതിനെ പൂർണ്ണമാക്കാൻ മനുഷ്യന് കഴിയത്തില്ല പ്രകൃതിയെ സംബന്ധിച്ച് അവിടെയാണ് മനുഷ്യൻ അവന്റെ ആന്തരികമായ പ്രകൃതിയും ബാഹ്യപ്രകൃതിയും തമ്മിലുള്ള ഒരു പൊരുത്തം കണ്ടെത്താൻ ശ്രമിക്കുന്നു ഇതിങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും ഇതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാം ചിലപ്പോൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്നിരിക്കും ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരും എന്താ സംഭവിക്കുന്നത് പ്രവചനാതീതമാണ് അതിൻ്റെ സ്വഭാവമാണ് അവിടെയും തുച്ഛേ അഹമ്മനോ എപ്പോൾ ഈ തുച്ഛമായ വിഷയങ്ങളിൽ അതേ അവരുടെ ശരീരം മാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നേരിടുന്ന വിഷയങ്ങളെല്ലാം തന്നെ എന്താണ് തുച്ഛമാണ് നിസ്സാരമാണ് എന്തുകൊണ്ടാണ് ഇതിന് നിസ്സാരം എന്ന് പറയാൻ കാരണം ഈ കൽപ്പാന്തം വരെയുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ഒഴുക്കിൽ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അനന്തമായ കാലത്ത് ഒരു ക്ഷണികജീവിയാണ് അവൻ അൽപ്പായുസാണ് അവൻ എത്ര കാലമുള്ളത് ചെറിയൊരു കാലമേ ഉള്ളൂ അപ്പം അവൻ എല്ലാം കാലം കൊണ്ടും വസ്തുനിഷ്ഠമായ എല്ലാം വളരെ തുച്ഛമാണ് നിസ്സാരമായ കാര്യങ്ങളാണ് അപ്പോൾ ഈ ദുരന്തങ്ങളോട് ന അഹമ്മനോ യസ്യ മനസ്സ് അഹമ്മന എന്ന് വെച്ചാൽ താതാത്മ്യമുള്ള മനസ്സ് ന അഹമ്മന എന്ന് വെച്ചാൽ അതിനോട് താതാത്മ്യപ്പെടാത്ത ഒരു മനസ്സ് ഇതിനെയൊക്കെ വേറിട്ട് കാണാൻ കഴിവുള്ള ഒരു മനസ്സ് ഇതേയുള്ളൂ സശാന്തഗീതി കൃത്യതീ അപ്പോ ഈ പ്രപഞ്ചത്തിൻ്റെ ദുഃഖങ്ങളെല്ലാം പാടെ മാറ്റി ഒരാൾക്ക് ശാന്തനായിരിക്കാൻ പറ്റില്ല ഇത് തൻ്റെ അല്പ ജീവിതകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തുച്ഛമായ കാര്യങ്ങളാണ് കാലം കൊണ്ടുപോലും അത് തുച്ഛമാണ് എനിക്ക് അല്പായുസയുമാണ് അപ്പോ ഇതിനോട് മാനസികമായി താതാന്മ്യപ്പെടാതെ മനസ്സിനെ ഇതിൽ അടർത്തി മാറ്റി മനസ്സിനെ തൻ്റെ കൈപ്പിടിയിൽ തന്നെ ഒതുക്കി താൻ തന്നിൽ തന്നെ നില നിന്നുകൊണ്ട് തൻ്റെ നില കൈവിടാതെ ശാന്തനായിരിക്കാൻ ശ്രമിക്കുക അതിലവൻ വിജയിക്കുന്നതിനനുസരിച്ച് അവന് ശാന്തനെന്ന് പറയും അതുകൊണ്ടാണ് ആദ്യം ഈ പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചും അതിൻ്റെ അനിയന്ത്രിതമായ സ്വഭാവത്തെക്കുറിച്ചും അതിൻ്റെ അനന്തതയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു അതും നമ്മുടെ ഈ ജീവിതമായിട്ട് താരതമ്യം ചെയ്യാനേ പറ്റത്തില്ല ഇത് അത്രയും തുച്ഛമാണ് നിസ്സാരമാണ് പലപ്പോഴും ഉദാഹരണമായിട്ട് പറയുണ്ടോ മനുഷ്യന്റെ ഈ ജീവിതം എന്ന് പറയുന്ന ഒരു നേർക്കുമുള പോലെയാണ് കാലത്തിന്റെ വ്യാപ്തി നോക്കുമ്പോൾ നേർക്കുമുളയെന്നും പറയാൻ പറ്റില്ല അതിലും ചെറിയ ഉദാഹരണം പറയേണ്ടി ഒരു ക്ഷണം കൊണ്ട് അത് പ്രകടമാകുന്നു അടുത്ത ക്ഷണം നശിച്ചു പോകും അത് ഒരു നീർക്കുമുളം ഉണ്ടാകുന്നതിനൊമ്പില്ല അത് കഴിഞ്ഞ് നശിച്ചാലും ഇല്ല അങ്ങനെയുള്ള മനുഷ്യൻ്റെ ജീവിതമാണ് തുച്ഛം എന്ന് പറയുന്നത് അത് കേവലം ഈ ശരീരത്തെ സംബന്ധിച്ച് മാത്രം പറയുന്നത് അതിൽ അഹംബുദ്ധി വന്നിട്ട് ിച്ചിട്ട് അഭിമാനം എന്ന് പറയുന്നത് ഇവിടെ കൃത്രിമമാണ് സ്വാഭാവികമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അഹംബോധം സ്വാഭാവികമാണ് അത് ഈ കുമളയിലാഗമാണ് അത് ദോഷം ചെയ്യുന്ന കാര്യമേ അല്ല അത് വേണം ഇവിടെ ശാന്തി കൈവരിക്കണമെങ്കിൽ എന്ത് വേണം നമ്മളിൽ സഹജമായിരിക്കുന്ന അഹംബോധം ഉണ്ടായാലും മനസ്സിന്റെ ഭാഗമാണ് അതിനെ തിരിച്ചുകളരുതും പക്ഷെ നമ്മൾ ഇവിടെ കൃത്രിമാക്കി എടുക്കുന്ന ഒരുപാട് അഹംബോധം നമ്മൾ വളരെ ആവേശപൂർവ്വം നമ്മളിവിടെ കൂട്ടിച്ചേർക്കുന്ന അഹംബോധം അതെന്താണ് ഈ തുച്ഛമായ വിഷയങ്ങളിൽ താതാമ്യപ്പെട്ടിട്ട് അതിലഭിമാനിക്കുന്നതാണ് അത് വരാതിരിക്കാവുന്നതാണ് എന്തിലഭിമാനിക്കും നമ്മുടെ നമുക്ക് എന്തൊക്കെ നേടാൻ കഴിയുന്നു അതിനെല്ലാം അഭിമാനിക്കും അത് നമ്മുടെ സമാധാനത്തെ കെടുത്തു അപ്പോൾ ഈ പറയുന്ന എന്താണോ സമാധാനം എന്ന് പറയുന്ന ആ ലക്ഷ്യത്തെ പറയുകയാണ് ആ സ്വയം സമാധാനത്തിലുള്ള ഉപായവും പറയണം ആണ് ഞാൻ മുമ്പ് പറഞ്ഞത് സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്നത് എന്താണ് ലക്ഷ്യവുമാണ് മാർഗവുമാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് നാഹമ്മനോ എസ്യ അഹമ്മനസ് എൻ്റെ വേണ്ടത് നാഹമ്മന അവനാണ് ശാന്തൻ എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും ചിലതൊക്കെ നേരിടേണ്ടി വരും ചിലതൊക്കെ ഒഴിവാക്കേണ്ടി വരും ജീവിതത്തിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും വരും ശാരീരികമായ പ്രശ്നങ്ങൾ വരും മാനസികമായ പ്രശ്നങ്ങൾ വരും സാമ്പത്തികമായ പ്രശ്നങ്ങൾ വരും എന്തിനു പൊളിറ്റിക്സ് വരും എന്തെല്ലാം വരും പലതും നേരിടേണ്ടി വരും പലതിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോകേണ്ടി വരും രണ്ടും വരും അപ്പം നേരിടുമ്പം ധീരനാകേണ്ട കാര്യമില്ല ഒഴിഞ്ഞു മാറുമ്പോൾ ധീരമാകേണ്ട ഇത് രണ്ടും എന്താണ് രണ്ടിലെ നാഹമ്മനോ എസ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ പറയുന്നത് അവൻ ശാന്തനാണ് ആകാശസദൃശി എ പുംസ സംവ്യവഹരിണ കളങ്കമേത് നമതി സാന്ദ ഇത് കഥയെ എസ്യ സംവ്യവഹാരിണ പുംസ വ്യവഹാരിയായിരിക്കുന്ന പുരുഷൻ വ്യവഹാരമായ പോരാ സംവ്യവഹാരിയായിരിക്കുന്നു സംവ്യവഹാരി എന്ന് പറഞ്ഞാൽ എന്താണ് നീതിക്ക് ന്യായത്തിന് നിരക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവനാണ് സംവ്യവഹാരി എന്ന് പറയുന്നത് നേട്ടങ്ങൾ ഉണ്ടാകാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവനല്ല നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നീതിയും ന്യായവും വെടിഞ്ഞ് പെരുമാറുകയാണെങ്കിൽ നിയമങ്ങളും ഒന്നൂടെ പ്രത്യേകം പറയുന്നു നീതി ന്യായം എന്ന് പറയുമ്പോൾ പഴയ ഒരു പല്ലവിയായി പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല നിയമങ്ങൾ എന്ന് തന്നെ പറയുന്നു മനസ്സിലാക്കി സാധ്യത്തിന് വേണ്ടി നിയമങ്ങളെല്ലാം മെടിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലേ ുണ്ട് മാവേലിയില ഓണമല്ലേ പറഞ്ഞ പോലെ കള്ളവുമില്ല ചതിയുമില്ല എള്ളവളമില്ല പൊളി വചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല കേട്ടിട്ടുണ്ടോ മലയാളികൾ കേൾക്കും അപ്പോൾ ഈ കള്ളപ്പറയും ചെറുനാഴിയും കൊണ്ട് നടക്കുന്ന നമ്മളുണ്ടല്ലോ നമ്മളെ കുറിച്ചല്ല ഈ പറയുന്നു അതൊക്കെ നമ്മൾ ചെയ്യുന്നതിനു വേണ്ടി ജയിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മുടെ ശാന്തി നഷ്ടപ്പെടും ഒരു സംശയവും വേണ്ട അതാണ് സംവ്യവഹാരം എന്ന് പറയുന്നത് ലോകത്തിൽ എന്താണ് നീതിയുണ്ട് ആ നീതിയെ താൻ തിരിച്ചറിയണം ഇതാണ് എൻ്റെ നീതി എന്ന് തിരിച്ചറിയണം ലോകത്തിന് ഒരു ന്യായമുണ്ട് അതിൽ നിന്ന് എൻ്റെ ന്യായം ഇന്നതാണ് തിരിച്ചറിയണം അതുപോലെ തന്നെ ലോകത്തിൽ പല നിയമങ്ങളുണ്ട് എൻ്റെ നിയമം ഇതാണെന്ന് തിരിച്ചറിയുന്നു അങ്ങനെ തിരിച്ചറിഞ്ഞ് ചിന്തിക്കുക പറയുക പ്രവർത്തിക്കുന്ന അതിനാണ് സംവ്യവഹാരം അങ്ങനെ ജീവിക്കുക ആധ്യാത്മികമായ ജീവിതം നയിക്കുന്നവരെങ്കിലും അങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നേ പറയാനുള്ളൂ മഹാകഷ്ടം ഇനി ഇതുവരെ അങ്ങനെയാണല്ലോ ജീവിച്ചത് എന്നാണെങ്കിൽ സാരൻ ഇവിടെ പറയുന്നത് ഇനി ജീവിക്കേണ്ട കാര്യമാണ് ഇതുവരെ ജീവിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം കടന്നു പോയത് കാലമോ പോവുകയിൽ പോയി എന്നാണ് കാലം പോയാൽ പോയത് തന്നെ നമ്മൾ പല തെരുകിടകളും കാണിച്ചിട്ടുണ്ട് ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല ജീവിക്കാൻ വേണ്ടി കാണിച്ചത് തന്നെയാണ് പക്ഷേ ഇവിടെ പറയുന്നത് ഇവിടെ ആചാര്യം ഉപദേശിക്കുന്നത് സംവ്യവഹാരിയായിരിക്കുക ഇതിനെല്ലാം ചേർത്തിട്ടാണ് ധാർമ്മികത എന്ന് പറയുന്നത് നമ്മൾ ധാർമ്മികത എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്നത് എന്താണ് നമ്മൾ പഴയ ഏടുകളിൽ ചുരണ്ടി നോക്കുകയാണ് ഭഗവത്ഗീതയിലും മനുസ്മൃതിയിലും രാമായണത്തിലും ഭാഗവതത്തിലും ആ ധാർമ്മികതയൊന്നുമല്ല ഇന്ന് വേണ്ടത് ഇന്നത്തെ ധാർമ്മികത എന്ന് പറയുന്നത് എന്താണ് അന്യജീവൻ ഉദഗീസ്വ ജീവിതം ധന്യമാക്കുന്ന അതാണ് ഇന്നത്തെ ധാർമ്മികത എന്ന് പറയുന്നത് മറ്റതൊക്കെ എന്താണ് തനിക്ക് നല്ലതും മറ്റുള്ളവർക്ക് ദ്രോഹമാണോ അല്ലയോ ഒന്ന് ചിന്തിക്കാത്ത ധാർമ്മികതകളാണ് ഞാനൊരുപാട് ധാർമ്മിക ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട് പതിനെട്ട് സ്മൃതികളും വായിച്ചിട്ടുണ്ട് ഇതിഹാസം നോക്കി പുരാണങ്ങൾ നോക്കി ധർമ്മഗ്രന്ഥങ്ങൾ നോക്കി ശ്രുതി നോക്കി സ്മൃതി നോക്കി കൽപ്പസൂത്രങ്ങൾ നോക്കി ഒരു ജീവിതം മുഴുവൻ ഇതിൻ്റെയൊക്കെ ഇടയിൽ കിടന്ന് ഓടി പിടിച്ചെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെയെന്ന് സത്യസന്ധമായ ധാർമ്മികതയില്ല എന്നെനിക്ക് പറയുന്നതിന് യാതൊരു മടിയില്ല തനിക്കും അന്യനും ഒരുപോലെ ഉപകരിക്കുന്ന ധാർമ്മികത അതില്ല എനിക്ക് ഉപകരിക്കുന്ന ഒരുപാട് ധാർമ്മികതകളുണ്ട് ആ ധാർമ്മികത ഞാൻ ശീലിക്കുകയാണെങ്കിൽ എനിക്ക് പറയുന്ന സംവ്യവഹാരം സാധിക്കില്ല നല്ലതില്ല എന്നല്ല പറയുന്നത് നല്ലതുണ്ട് പക്ഷേ അതിലെല്ലാം കെട്ടത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അവിടെയാണ് പ്രശ്നം തനിക്കും അൽ അന്യനും ഒരുപോലെ ഉപകരിക്കുന്ന ധാർമ്മികത അത് കണ്ടെത്താൻ പ്രയാസമാണ് അതീ ഓലക്കെട്ടുകളിൽ തെരഞ്ഞു നോക്കിയാൽ കാണത്തില്ല അത് കാണണമെങ്കിൽ എന്ത് വേണം നമ്മൾ മനുഷ്യന്റെ ജീവിതത്തെ പിടിക്കണം മനുഷ്യ ജീവിതത്തിൽ നോക്കണം അത് മനുഷ്യൻ്റെ ജീവിതത്തിലേ ഉള്ളൂ അപ്പൊ മനുഷ്യ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയില്ല അതുകൊണ്ട് ഇന്നത്തെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് സംവ്യവഹാരമെന്നുള്ളത് ഞാൻ പറഞ്ഞതിൻ്റെ ആഴം ഞാൻ ഇന്നു വരെയുള്ള എൻ്റെ ചിന്ത പരിചയപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ പറയുന്നത് ആകാശസദൃശി യസ്യപുംസ സംവ്യവഹാരിണ അങ്ങനെയുള്ള സംവ്യവഹാരമുള്ള അവന്റെപുംസഹ ആകാശസദൃശി മതി ആകാശം പോലെ വിശാലമായിരിക്കുന്ന ബുദ്ധി വിശാല ബുദ്ധി ഈ വിശാല ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ബുദ്ധിയൊന്നും അത്ര വിശാലമല്ല എൻ്റെ ബുദ്ധി വിശാലമാണെങ്കിൽ എനിക്ക് യാതൊരു അവകാശവാദവും ഇല്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കണം എന്താണ് വിശാല ബുദ്ധി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ഒരു ഉറുമ്പിനെ പോലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ബുദ്ധിയായിരിക്കും അതാണ് വിശാല ബുദ്ധി എന്ന് പറയുന്നത് മനുഷ്യനെയും ഒന്നുപോലെ കാണാനും എല്ലാ മനുഷ്യനെയും ഒന്നുപോലെ ഉൾക്ക ഉൾക്കൊള്ളാനും കഴിയുന്ന ബുദ്ധിയായിരിക്കും കുറഞ്ഞ പക്ഷം നമ്മുടെ അറിവില്ലെങ്കിലും അത് വേണം പ്രവൃത്തിയിൽ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ അതാണ് വിശാല അല്ലാതെ ശങ്കരായ പറയുന്ന ബുദ്ധിയല്ല മനസ്സിലായ അതല്ല ഞാൻ പറയുന്നത് അത് പാഴ്ബുദ്ധിയാണ് എന്താണെന്ന് പട്ടിയെയും പട്ടിയെ പാകം ചെയ്ത് കഴിക്കുന്നവനെയും വേറെ വേറെ കാണുകയും അവൻ്റെയൊക്കെ ഉള്ളിൽ ഒരാത്മാവിനെ കാണുകയും ചെയ്യുക അത് യൂസ്ലെസ്സാണ് മറിച്ച് എന്താണ് പട്ടിയെയും പട്ടിയെ പാകം ചെയ്ത് കഴിക്കുന്നവനെയും വേറെ കാണാതിരിക്കുക അവിടെ രണ്ട് ശബ്ദം പ്രയോഗിക്കാതിരിക്കുക അവിടെ ഒരു വിവേചനം ഉണ്ടാക്കാതിരിക്കുക പിന്നെ പ്രത്യേകിച്ചൊരു ബ്രഹ്മത്തിൻ്റെ ആവശ്യമില്ല പ്രത്യേകിച്ചൊരു ബ്രഹ്മത്തിൻ്റെ ആവശ്യമില്ല സമദൃഷ്ടർ വിശേഷ്യത എന്ന് പറയുമ്പോൾ സമം ബ്രഹ്മമാവേണ്ട യാതൊരു ആവശ്യമില്ല അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല അവിടെ സമത്വം എന്തിനാ വേണ്ടത് അങ്ങനെയുള്ള സമത്വം അതാണ് ആധുനികമായ മനുഷ്യൻ്റെ സമത്വം അതാണ് വിശാലമായ ബുദ്ധി എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ബുദ്ധി ഒരാശയമായിട്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ഇരുന്നാൽ നമ്മളെ കൊണ്ട് പ്രായോഗികമായി അതിന് കഴിഞ്ഞില്ലെങ്കിലും ഗുണമെന്താണ് ഇതുകൊണ്ട് ഇത് ഇതിൻ്റെ പേരിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭ്രമചിന്തകളെല്ലാം മാറിക്കിട്ടും നമ്മൾ ഒരുപാട് ഭ്രമങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് അത് മാറിക്കിട്ടും അതാണ് ആകാശം പോലെ ആകാശ സദൃിയും മതീയസ്യ സശാന്തയിതി കഥ്യത ഇവിടെ നോക്കുക നമ്മൾ നമുക്ക് വിശാലമായ ബുദ്ധിയുള്ള തത്വത്തിലാണ് ഇവിടെ പറയുന്ന വിശാലമായ ബുദ്ധി വ്യവഹാരത്തിലാണ് രണ്ടും ഉള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് ഇത് വലിയൊരു വ്യത്യാസമുണ്ട് വലിയൊരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിലുണ്ട് ആയിട്ടുള്ള എന്താണ് ഭാവാദ്വൈതം സദാഗുര്യാദ്വൈതം നകുത്രജിത് അതാണ് തെറ്റായ സന്ദേശം ഭാവാദ്വൈതം സദാഗുര്യാത് പ്രിയാദ്വൈതം ച സർവത്ര തിരുത്തിപ്പടിക്കണമെങ്കിൽ വ്യവഹാരത്തിൽ എന്ത് വേണം ഈ ബോധം വേണം എങ്ങനെയാണോ നമ്മുടെ ഭാവത്തിൽ നമ്മുടെ ബുദ്ധി വിശാലമായിരിക്കുന്നത് അതുപോലെ കഴിയുന്നത്ര എന്നേ പറയാൻ പറ്റും നമ്മളത്ര ദിവ്യന്മാരൊന്നുമല്ല അതുകൊണ്ട് കഴിയുന്നത്ര എന്ന് ചേർക്കണം വ്യവഹാരത്തിന് നമ്മൾക്കെന്ത് വേണം അവിടെ സമത്വം വേണമെന്ന് പറഞ്ഞാൽ എന്താണ് വർഗഭേദമില്ലാതെ വർണ്ണഭേദമില്ലാതെ ജാതിഭേദമില്ലാതെ ലിംഗഭേദമില്ലാതെ മനുഷ്യനെ ഒന്നായി കാണുന്നതിനുള്ള ബോധം പ്രകൃതിയെ തൻ്റെ അവഭാജ്യമായ ഭാഗമായി കാണാനുള്ള ബോധം പ്രകൃതിയോട് നീതി പുലർത്താനുള്ള ബോധം ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കോമണ്ണറയ്ക്കും മൂന്നും നൂറ്റാണ്ടിന് മുമ്പേ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാര്യമാണ് പക്ഷേ നമ്മളിൽ ഇന്നും എത്തിയിട്ടില്ല അങ്ങനെ എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന ഒരു ചിന്താഗതി പുതിയതൊന്നുമല്ല കണ്ടുകൊണ്ട് പക്ഷേ മനുഷ്യൻ അപൂർവം പേരെ അങ്ങനെ ചിന്തിക്കുന്ന പോലെയുള്ളൂ ഇന്നും ഇന്നും മനുഷ്യ അവിടെ എത്തുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് എന്താണ് ആകാശ സദൃശി യശ്യമതിഹി സാന്ത ഇതി കഥയത് അവനാണ് ശാന്തൻ അപ്പൊ ഇന്നും തീരത്തില്ല അടുത്ത